സ്വധർമ്മിപ്പം സ്വധർമ്മമിച്ച് അമേക്ഷ ക്ഷത്രീന്റെ സ്വധർമ്മമാണ് ഈ ഭാഗ്യം എന്താണ് രണ്ടു കാര്യങ്ങൾ പറയുന്നത് ഒന്ന് സ്വധർമ്മം എന്താണ് നക്ഷത്രീന്റെ സ്വധർമ്മം എന്താണെന്ന് പറയുന്നത് ശോദ്യോ തൃത്തിയോ കബലായോ എന്താണ് സ്വഭാവിച്ച ക്ഷത്രങ്ങളും പിന്നെ പറയുന്നത് ഹിംസയെ ഹിംസ ക്ഷത്രിയ ധർമ്മമാണ് ക്ഷത്രിയൊക്കെ ചെയ്യാം എന്നും അപ്പോൾ ക്ഷത്രി ഹിംസ ചെയ്യാം എന്ന് വരുമ്പോൾ ക്ഷത്രിയനായിരുന്നു നമ്മളെ ചെറുത്തുനിക്ക് ആരാണ് ഈ ക്ഷത്രിയ ക്ഷത്രി എന്ന് ചിന്താഗതികളാണ് നിലവിൽ ഇരിക്കുന്നത് ഒന്ന് ഗുണങ്ങളനുസരിച്ചാണ് കഥ നക്ഷത്രം എന്നൊരു ഭാഗം വേദവഭാവം പറയുന്നത് ഗുണമനുസരിച്ചല്ല ജന്മം കൊണ്ടാണ് രാത്രി നാല് ജാതികളിലേക്ക് ചർച്ച അവിടെ രാമാനുരാജയത്തിന് ശ്ലോകം പറഞ്ഞു പതിനെട്ടിലും നാൽപ്പത്തിമൂന്നാമത് ശ്ലോകം പക്ഷെ വേഗൻസി അപ്പോൾ രാമാനുജാതിയുടെ ഈ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആത്മരം ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ പോകുന്നത് അപ്പോൾ ആരാണ് ക്ഷത്രം അത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പതിനെട്ട് അധ്യായം വരെ പോലെ ഞാൻ കാണുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല അധ്യായം എവിടെ കിടക്കുന്നു ഞാനിവിടെ അപ്പൊ എന്താണ് രാമാനുജാചാര്യ ക്ഷത്രിയനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കും അത് ഗുണം അനുസരിച്ച് ക്ഷത്രിയിലാണോ അതിജന്മം കൊണ്ട് ക്ഷത്രീനാണോ ആരാണെങ്കിൽ അത് വലിയൊരു തർക്കമാണ് ഞാനൊരു പുതിയ തർക്കം ഉണ്ടാക്കുന്നുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അത് ചർച്ച ചെയ്യുക രാമാനുജാചാര്യം എന്ത് പറയും രാമാനുജ പരമ്പരയിൽ എന്ത് പറയും അദ്വൈത പരമ്പരയിൽ എന്താ പറയും ആ പതിനെട്ട് നാപ്പത്തി മൂന്നാമത്തെ പന്തിയുള്ളൂ അപ്പൊ അതൊരു തീർപ്പാക്കി പിന്നെ ഒരു സമാധാനം വരും പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള കയറ്റാനില്ല അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നാൽപ്പത്തി ഒന്ന് പതിനെട്ടിൽ നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ്റി പേജ് ഈ ബസ് അഞ്ഞൂറ്റി എഴുപത്തിനാല് പേജ് നാൽപ്പത്തി ഒന്ന് അവിടെ തുടങ്ങിയാലേ അത് മനസ്സിലാക്കുന്നു അവിടെയാണ് രാമാനുജാചാര്യ വ്യാഖ്യാനം ബ്രാഹ്മണക്ഷത്രേ വിശാ സൂദ്രാണ പരന്ത കർമാണിവിഭക്തം സൂത്രം ബ്രാഹ്മണക്ഷത്രേവിശ്യം സാധാരണ പറയുന്നത് ബ്രാഹ്മണക്ഷത്രവിത്സൂദ്ര ഇവിടെ ബ്രാഹ്മണക്ഷത്ര വിശാം സൂദ്രാണോ നമുക്ക് പ്രത്യേകം പറഞ്ഞു എന്തുകൊണ്ടങ്ങനെ പ്രത്യേകം പറഞ്ഞു അത് വ്യാഖ്യാനത്തിന് താഴെ കുറഞ്ഞു അത്ര ബ്രാഹ്മണക്ഷത്ര വിശാം സമാസോ ബിജത്രീ സതി വേദ അധികാര ഈ ബ്രാഹ്മണക്ഷത്രം ഇവ എന്ന് മൂന്ന് പേരെ ചേർത്ത് പറഞ്ഞത് ഒരു മൂന്ന് പേരും ബിജന്മാരാണ് ദുജന്മാരിൽ നിന്ന് രണ്ട് ജന്മങ്ങളാണ് രണ്ട് ജന്മം എന്ന് പറയുമ്പോൾ ആദ്യം മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു രണ്ടാമത് ഉപനയനം ചെയ്യുമ്പോൾ ഗായത്രി മാതാവും ആചാര്യൻ പിതാവുമാണ് രണ്ടാമത്തെ ജന്മം കാരണം അവിടെ ഗായത്രി മന്ത്രം ഉപദേശിക്കുന്ന ആചാര്യനാണ് അതുകൊണ്ട് രണ്ടാം തെരുവർ പിതാവായി കണക്കാക്കുന്ന ആചാര്യനെയും മാതാവായി കണക്കാക്കുന്നത് സാവിത്രി ഗായത്രി മന്ത്രത്തിനാണ് അപ്പൊ അതുകൊണ്ട് ഇവര് മൂന്ന് വോട്ടർ വിജന്മാരെന്ന് പറയുന്നു ശൂദ്രാണെന്ന് അപ്പൊ ഈ മൂന്ന് കൂട്ടർക്ക് എന്താണ് വേദ ഈ മൂന്ന് കൂട്ടർക്ക് വേദത്തിലെ അധികാരം ശൂദ്രനെ മാറ്റി എന്തുകൊണ്ട് പറഞ്ഞു ശുദ്ധനു വേദത്തിലധികാരമില്ല ഉപനയനത്തിനും അവകാശമില്ല വേദത്തിലധികാരമില്ല ഇത് കേവലം രാമാനുജാചാര്യരുടെ പക്ഷമല്ല ഇതേ കാര്യം തന്നെ അദ്വൈത പരമ്പരയിലെ പ്രധാനപ്പെട്ട എല്ലാ ആചാര്യങ്ങളും ഗീത എല്ലാവരുടെയും അഭിപ്രായം ഇത് എന്താണ് ഇന്ന് ആൾക്കാർ പറയുന്നതുപോലെ ആരോ ശങ്കരാചാര്യരോടുള്ള വിചാരം എന്താണ് വിരോധം കൊണ്ട് എഴുതി ചേർത്താണ് അങ്ങനെയല്ല ശങ്കരാചാര്യത് പറയുന്നത് മസൂല സരസ്വതി എന്ന് പറയുന്നു നീലകണ്ഠി പറയുന്നു പറയുകയും എല്ലാവരും ഇത് തന്നെ പറയും ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമാണ് ആരും ആരോടും അങ്ങനെയുള്ള വിരോധം കൊണ്ട് ഒന്ന് എഴുതി ചേർത്താല് ഇത് എന്തുകൊണ്ടങ്ങനെ പറയുകയും എന്തുകൊണ്ടങ്ങനെ വ്യക്തിയുന്നു ശ്രുതി ഇതിഹാസ പുരാണങ്ങൾ എല്ലാവരും പ്രമാണമാണ് പ്രമാണങ്ങളിൽ നിന്ന് വരുന്ന മേഖലകളിൽ വെറും കൽപ്പനയല്ല ഇതെല്ലാം ഇത് തന്നെ പറയുന്നുണ്ട് സൂത്രത്തിന് വേദികളുടെ അധികാരമല്ല സൂത്രൻ നേരെയാണ് ഇങ്ങനെ പറഞ്ഞ ഒന്നാണ് പറയുന്നത് ഇവർക്കെല്ലാം കർമാണുപ്രയഭക്താനി സ്വഭാവക്കെ ഇവർക്കെല്ലാം കർമ്മങ്ങൾ വിഭജിച്ചിരിക്കുകയും അങ്ങനെ സ്വഭാവപ്രഭവേ ഉവഭാവ പ്രഭവോ ഏഷാം അങ്ങനെ നോറിയ സമാസമാകാം അല്ലെങ്കിൽ സ്വഭാവ പ്രഭവ സ്വഭാവ പ്രഭം അത്ര നല്ലൊരു സമാസമുണ്ട് അതായത് ഒരു ദോഷമുണ്ട് ഏകദേശ അന്യവും വേണ്ടിയിട്ടുള്ളൊരു ദോഷമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം സ്വീകരിക്കുന്നുണ്ട് ചന്ദ്രാചാര്യ സ്വീകരിക്കുന്നുണ്ട് ചന്ദ്രാചാര്യ പക്ഷക്കാർ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ രാമാനുചാര്യം സ്വീകരിക്കുന്നു രാമായാനാചാര്യങ്ങളെ സ്വീകരിക്കുന്നു സ്വഭാവ പ്രഭവോ രേഷാം ഗുണാന സ്വഭാവപ്രഭവേ ഗുണു പ്രോമിച്ച കാരണം സ്വഭാവം കാരണമായിരിക്കുന്ന എന്തോ അതാണ് ഗുണങ്ങൾ എന്നുവെച്ചാൽ ഗുണത്തിന് കാരണം സ്വഭാവമാണ് ഈ ഒരു വ്യാഖ്യാനം തന്നെയാണ് ശങ്കരാചാര്യം മുഖ്യമായി സ്വീകരിച്ചത് മൂന്ന് വ്യാഖ്യാനം അവസാനത്തെ വ്യാഖ്യാനമായും ഇത് തന്നെ സ്വീകരിക്കുന്നത് ഇത് ദോഷം അതുകൊണ്ട് അത് ഒന്നിന് പല വ്യാഖ്യാനങ്ങളും സാധാരണ ഗതിയിൽ പല വ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ അവസാനത്തെ വ്യാഖ്യാനത്തിൽ അപ്പോ ഇവിടെ രണ്ടുപേരും ഒരേ വ്യാഖ്യാനം തന്നെയാണ് രണ്ട് പരമ്പരയാണ് അത് ഇവിടെ ബ്രാഹ്മണുചാര്യ വ്യാഖ്യാനിക്കുന്നു ബ്രാഹ്മണ നക്ഷത്ര വിശാമം ബ്രാഹ്മണ അവരുടെ സ്വഭാവം സ്വകീയോ ഭാവ സ്വഭാവ സ്വകീയമായ ഭാവമാണ് സ്വഭാവം സ്വകീൻ തൻ്റേതാണ് അവരുടേതായ ഭാവം ഭാവത്തിന്റെ സവിശേഷം അതാണ് സ്വഭാവം അപ്പൊ അതെന്താണ് ആ സ്വഭാവം ബ്രാഹ്മണാദി ജന്മ ഹേതുഭൂതം പ്രാചീനം കർമ്മം ബ്രാഹ്മണൻ ക്ഷത്രിയം വൈശം ഇവിടെ ഇപ്പം മൂന്നുപേരെ എടുക്കുന്നുള്ള സൂത്രനുമാണ് ഇപ്പോൾ ഈ നാല് കൂട്ടരുടെയും ജന്മത്തിന് കാരണമായിരിക്കുന്ന पूर्वभव പൂർവഭവം പൂർവ്വജന്മങ്ങളിൽ നിന്നവർ സമ്പാദിച്ചതായ കർമ്മം കർമ്മസംസ്കാരം ആ കർമ്മ സംസ്കാരത്തിന് സ്വഭാവമുണ്ട് അതിനാണ് സ്വഭാവം എന്ന് പറയുന്നത് അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ജനിച്ചത് സൂദ്രനായിട്ടാണ് സൂദ്രൻ ഞാൻ പറയുമ്പോൾ നിങ്ങളെ സുഹൃത്തിൽ നിന്ന് ധരിക്കരുത് ഞാൻ മനുഷ്യനാണ് എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂദ്രൻ എന്ന് പറയും ഒരു പിടികിട്ടാണ് എൻ്റെ സംഗതി പിടികിട്ട് ഞാനിതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതിപ്പോൾ ബ്രാഹ്മണങ്ങൾ വൈശേഷേർപ്പാടുകൾ ഞാൻ വ്യക്തിപരമായി സ്വീകരിച്ച് അംഗീകരിക്കുക ഇതിനാണ് മനുഷ്യൻ എന്നോട് ഒരു ഐഡന്റിറ്റി എനിക്കോളൂ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ഈ സമ്പ്രദായം അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ സൂക്ഷനായി ജനിച്ചെന്ന് പറഞ്ഞാലാണ് ഞാൻ എൻ്റെ പൂർവ്വ സംസ്കാരങ്ങളിൽ ജനിച്ചു അപ്പൊ ഞാൻ ജനിച്ച വിഭാഗത്തിൽ എനിക്ക് ഉപനയനത്തിന് അധികാരമില്ല ഉപനയനം വിധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഏകജന്മം ഉള്ളവനാണ് ഒറ്റ ജന്മമേ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ജന്മം പറയുന്നത് ഈ ശാസ്ത്രത്തിനനുസരിച്ച് പറയുക അപ്പോ അത് ബ്രാഹ്മണൻ ക്ഷത്രിയും വൈസ്യനും മൂന്ന് കുട്ടികളിൽ നിന്നും എല്ലാം വേർതിരിക്കുന്ന ആളാണ് പിന്നെ ഇവിടെ വേറെ കാര്യം കാര്യം പറയാനേ സ്ത്രീകളെ കുറിച്ചുകൂടെ ചർച്ചയുടെ ആവശ്യമേ പുരുഷന്മാരുടെ കാര്യം പറയും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഈ തുടങ്ങിയ ഈ നാല് വർണ്ണങ്ങളുടെയും നാല് ജാതികളുടെയും ജന്മം ഈ നാല് ജാതിയിൽ ജനിക്കുന്നതിനുള്ള ആ ജന്മത്തിനും കാരണമായ വ്യക്തമായ മനസ്സിലാക്കും സംസ്കാരത്തിനും സ്വഭാവം കൊണ്ട് നിങ്ങൾ സ്വഭാവം കൊണ്ട് ജനിക്കുന്നു സംസ്കാരം കൊണ്ട് ജനിക്കുന്നു ഇവിടെ സ്ത്രീ എന്താ വൈശ്യപുരുഷനായോ സൂത്ര പുരുഷനായോ ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താണ് നിങ്ങൾ ഏത് ജാൻ അല്ലെങ്കിൽ വർണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജന്മം കൊണ്ടാണ് അതാണ് ആത്മയെ കാരണം അതിന് കാരണം നിങ്ങളുടെ സംസ്കാരമാണ് എന്തുകൊണ്ട് ഞാൻ സൂചന ആയി ജീവിക്കുക അതിന്റെ സംസ്കാരമാണ് സ്വഭാവം എന്ന് സ്വഭാവം സംസ്കാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ഇവിടെ സ്വഭാവം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നമ്മൾ സമ്പാദിച്ചതും ഈ ജന്മത്തിന് കാരണവുമായിരിക്കുന്ന സംസ്കാരം അല്ല ഇപ്പം നമ്മൾ പ്രകടിപ്പിക്കുന്ന സംസ്കാരം മനസ്സിലാക്കുന്നു ഇപ്പോഴും നമുക്ക് പല സംസ്കാരങ്ങളും ഉണ്ട് അതല്ല ജന്മത്തിന് സംസ്കാരം ആ സംസ്കാരം ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഇപ്പോ ഗീത പഠിക്കുന്നു പഠിച്ചെന്നൊക്കെ ഒരു സംസ്കാരമുണ്ട് ഗീതാ സംസ്കാരം അതല്ല മനുഷ്യ പൂർവ ജന്മങ്ങളിൽ നമ്മൾ സമ്പാദിച്ചതും ഈ ജന്മത്തിന് കാരണമായിരിക്കുന്നതുമായ സംസ്കാരം ആ സംസ്കാരം ഈ ജന്മം കിട്ടിയത് ബ്രാഹ്മണ ജാതിക്കുന്നതിന് നമുക്ക് സംസ്കാരമില്ല ക്ഷത്രിനോ വൈശ്യനുസരിച്ചു അപ്പൊ ഒരാൾ ക്ഷത്രിയനോ വൈശ്യനോ ആകുന്നത് എന്തുകൊണ്ടാണ് അവന്റെ സംസ്കാരം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണാദി ജന്മ ഹേതുത്വം ബ്രാഹ്മണാദിജന്മത്തിന് ഹേതുവായിരുന്ന പ്രാചീന കർമ്മം പൂർവജന്മത്തിലെ കർമ്മ അതിനാണെന്ന് പറയുന്നു സ്വഭാവം എന്ന് പറയുന്നു ഇനി ഞാനിപ്പോൾ സത്വഗുണം കാണിക്കുക സത്വഗുണമൊന്നുമില്ല ഞാനില്ല ശമതമാരികളൊക്കെ ഞാൻ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പറയുകയുള്ളത് സത്വഗുണമാണ് കോപതവാദികൾ ഒക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ രജോ ആലസ്യമൊക്കെ ഞാൻ പ്രകടിപ്പിക്കണമെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഗുണങ്ങൾ ഞാൻ എന്നിൽ പ്രകടമാകുന്നതിന് കാരണം എന്താണോ കാണാൻ തത്പ്രഭവ സത്വാദിയോ ഗുണ ആ പ്രാചീനമായ എന്റെ കർമ്മം ആ കർമ്മമാണ് പ്രഭോ കാരണം എന്തിനാ എന്നിൽ കാണുന്ന ഈ ഗുണങ്ങൾക്ക് എന്നെ കാണുന്ന സത്വം ലേസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾക്ക് കാരണം എന്റെ പ്രാചീനമായ കർമ്മമാണ് അപ്പോ ഇതിൽ നിന്നെന്ത് മനസ്സിലാക്കാം ഒരാൾ ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ സത്വുണമാണ് ക്ഷത്രിയനായി ജനിച്ചു കഴിഞ്ഞാൽ അവനെ കാണുന്നത് രജോ ഗുണമായി വയസ്സിനായി ജനിച്ചു കഴിഞ്ഞാൽ അവനെ കാണുന്നത് തമസ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് രജസൻ തമസ് അല്ല രജസ സത്വം കുറവായി ചൂദ്യനായി ജനിച്ചാലോ അവൻ്റെ തമസ്സായിരിക്കും ഏറ്റവും കൂടുതൽ രജസം തമസ് കുറവായി അതുകൊണ്ട് തന്നെ കാര്യം ഈ വ്യത്യാസം വരുന്നത് എന്താണോ ഈ മനുഷ്യരുടെ ഗുണവ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് കാരണം പൂർവ്വ സംസ്കാരത്തിൽ പിന്നെ അർജിതമായ ഗുണങ്ങളുണ്ടെന്ന് വരെ കാരണം ഒരാൾ ജന്മം കൊണ്ട് എന്തുകൊണ്ട് ഇതിന് അധികാരിയാകുന്നു അവകാശിയാകുന്നു എന്നുള്ളതിന് ഇവിടെ കാരണം പറയും പറയും നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ ഈ ശബ്ദങ്ങൾ നോക്കി അതിന്റെ അർത്ഥം പറഞ്ഞാൽ മാത്രമുള്ളൂ അങ്ങനെ അർത്ഥം പറയെന്താണോ സമൂഹത്തിന് ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അധികാരശക്തികളുണ്ട് അങ്ങനെയൊന്നുണ്ട് ബ്രാഹ്മണൻ്റെ എണ്ണ തന്നെ അധികാരമാണ് ക്ഷത്രിയണ്ണേൻ്റെ അധികാരമാണ് കാരണം അത് ജന്മം കൊണ്ട് വരുന്നതാണ് പൈസ അധികാരവും സുഹൃത്തിന്റേതാണ് അധികാരം ഈ അധികാരശക്തിയെ കൂടി പരിഗണിച്ചിട്ട് വേണം ശബ്ദങ്ങളുടെ അർത്ഥത്തിൽ പറയുന്നത് അല്ലാതെ കേവല ശബ്ദം കണ്ടിട്ട് നിങ്ങൾ ഇതാണോ നിങ്ങളുടെ ഭാവനയിൽ നിന്നും അർത്ഥം പറഞ്ഞ ശരിയാവില്ല സമൂഹത്തിലെ വ്യവസ്ഥിതയുടെ മോഹം ഇത് രണ്ടും കൂടെ ചെറുതെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പാടണം എന്നും മനസ്സോനുസരിച്ചിരുന്നു അത് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് അപ്പോൾ ഇവിടെ ജാതി ബ്രാഹ്മണൻ ക്ഷത്രി വൈശ്യൻ ഇങ്ങനെയെല്ലാം സംഭവങ്ങളുടെ ജന്മം കൊണ്ടാണ് ഇവിടെ വേറെ പ്രശ്നം ലോകത്തിന്റെ അനുഭവം അനുസരിച്ച് ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് നോക്കുകഴിഞ്ഞാൽ ഉദാഹരണ യുദ്ധം മഹാഭാരതം മഹാഭാരതത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് യുധിഷ്ഠിര നഹുഷ സംവാദം പല പദാകൾ പറയും ഒരാശയല്ല പല ആശയവും ഇവിടെ തന്നെ പറയുന്നുണ്ട് തമശൂദ്രേ രജക്ഷത്രേ ബ്രാഹ്മണയെ സത്വവും ശൂദ്രൽ കാണുന്നത് തമസം അതിന്റെ സൂദ്രൻ അവിടെ പറയുന്നത് ജന്മം കൊണ്ട് ശൂദ്രനാണ് അതിനെ കാണുന്നത് തമസമാണ് അതിൻ്റെ പ്രയാണ് എന്നം കൊണ്ട് ക്ഷത്രിയനാണ് അവനും കാണുന്ന എന്തായിരത്തി ബ്രാഹ്മണനായാലും അവനും കാണുന്ന എന്താണ് ഉത്തമമായ സത്വമാണ് ഇങ്ങനെയും പറയും മഹാഭാരത യുധിഷ്ഠിത നൌഷ സംവാദത്തിൽ പറയുന്നൊരു കാര്യം എന്താണ് ഇവിടെ തന്നെ തുറന്നുപോയി അടുത്തത് സമോദമം തപശോജം ശാന്തിരാർജിച്ച ഇവിടെ അതിന് ബ്രാഹ്മം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതിപര എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മശിദ്ധോ അത്ര ബ്രാഹ്മണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണോ കർമ്മം ബ്രാഹ്മണൻ ബ്രഹ്മെന്ന് വെച്ചാൽ ബ്രാഹ്മണജാതി എന്നുകൂടെ പറയുന്നത് ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുമ്പോ എന്ന് പറയുന്നത് ബ്രഹ്മകർമ്മ എല്ലാവരും ജാതി എന്ത് തന്നെ പറയുന്നത് അല്ലെന്ന് മാർഗ സംശയമൊന്നുമില്ല ഇന്നത്തെ യാധുനികന്മാരായ ചില സ്വാമിമാരും പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയെല്ലാം അത് വർണ്ണമാണ് അത് വേറെ സാധനമാണ് ഈ ആചാര്യന്മാർക്കും അങ്ങനെ സംശയം ഒരു ആചാര്യത്തെ വ്യക്തി ഞങ്ങൾ അവർക്ക് സംസ്കാരം അറിയാത്തത് കൊണ്ടാണ് അത് ഈ പറയുന്ന അസ്മത് ഇതിഹാസ് പുരാണങ്ങളൊന്നും വശമില്ലാത്തോണ്ടാണ് അവര് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണജാതി എന്ന് പറയും രണ്ടും പേരെ വേദന പറയാമല്ലോ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണജാതി അല്ല അത് ബ്രാഹ്മണ വർണ്ണമാണ് അത് വേറെയാണ് അങ്ങനെയല്ല പറയും സംസ്കാരം അറിയാമെന്നുള്ളവര് നോക്കുക എല്ലാ വേറ്റമേ ഇലയെന്ന ബ്രാഹ്മണ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതി തന്നെയാണ് അത് തന്നെയാണ് വർണം അല്ല ജാതി വേറെ വർണ്ണം വേറെ ഇന്നും ചില രാഷ്ട്രീയ സ്വാമിമാർ പ്രസംഗിക്കുന്നത് പോലെ ഗീതയിലില്ല മഹാത്മാഗാന്ധി വ്യാഖ്യാനിച്ചിരുന്നു അത് ഇവിടെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റി നമ്മുടെ പ്രാമാണികന്മാരായ ആചാര്യന്മാരും വിഭിന്ന സമ്പ്രദായപ്പെട്ടവരും അവരെന്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അവരെ വ്യാഖ്യാനത്തെ എടുക്കുന്നു എന്തുകൊണ്ട് ഗാന്ധിയുടെ വ്യാഖ്യാനത്തെ എടുക്കുന്നില്ല ഗാന്ധിയുടെ വ്യാഖ്യാനം രാഷ്ട്രീയ അവരുടെ വ്യാഖ്യാനം എന്താണ് അവര് സംസ്കൃത ശരിക്കും പഠിച്ചു വരണം അവര് സംസ്കൃതം അറിയില്ലെന്ന് പറയാൻ പറ്റും അവര് അവർക്ക് ശ്രദ്ധ സ്മൃതി ഇതിവാസ പുരാണങ്ങൾ അറിയില്ല എന്ന് പറയാൻ പറ്റും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്ന എന്താണ് ബ്രാഹ്മണൻ പറഞ്ഞാൽ ശൂദ്രൂവി തന്നെ അത് ജന്മം കൊണ്ട് തന്നെ വരുന്നത് ഇവിടെ എങ്ങനെയാണോ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വ ജന്മത്തിനൊന്നും ആർജിച്ച സംസ്കാരം എന്ന് പറയുന്നത് അത് തന്നെയാണ് സങ്കരായും പറഞ്ഞത് സ്വഭാവം എന്ന് വെച്ച സംസ്കാരം തന്നെ സംസ്കാരം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് ജന്മം കൊണ്ട് തന്നെ ശരിക്കും കാരണം ജന്മത്തിന് കാരണം സംസ്കാരം ആ സംസ്കാരം കൊണ്ട് ജനിക്കുക അപ്പൊ ജനിക്കുമ്പോ തന്നെ എന്താ ബ്രാഹ്മണനായി ജനിക്കും അവിടെയാണ് മറ്റുള്ള പ്രശ്നം വരുന്നത് അതായത് ഈ നൌഷ അവിടെ പറയുന്നുള്ളൂ ഈ പറയുന്ന ധർമ്മങ്ങളെന്താണ് ശ്രമവും ധമ തപശവും സാമൂഹിക ഇതെന്താ ബ്രാഹ്മണൻ എന്ന് മാത്രമേ ഉള്ളൂ ബ്രാഹ്മണൻ ജാതിയിൽപ്പെട്ടവന് മാത്രമേ ഉള്ളൂ ഇത് ചില ക്ഷത്രിയന്മാർ കാണാറുണ്ട് വൈശ്യന്മാർ കാണാറുണ്ട് സൂത്രന്മാർ കാണാറുണ്ട് ഇപ്പൊ പിന്നെ ഈ ബ്രാഹ്മണജാതിയുടെ കർമ്മമാണോ എന്നെങ്ങനെ പറയാൻ പറ്റും അതിന് അവിടെ സമാനം പറയുന്നുണ്ട് നേരത്തെ ഞാൻ വായിച്ച സമാനമാണ് എന്താണ് ഇഷ്ടമസൂത്രിയോ രജക്ഷത്രി തത്വമുഖം ഇതല്ല വേറൊരു ഭാവത്ത് അവിടെ പറയുന്നത് എന്താണോ ഒരു ക്ഷത്രിയയിൽ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കാണുന്നുണ്ട് സമൂഹം ബ്രാഹ്മണൻ എന്ന് പറയാൻ എന്താ ദോഷം ഇതിനെയാണ് ഗുണം കൊണ്ടുള്ള ബ്രാഹ്മണ ഇതൊരു ശൂദനിലാണ് കാണുന്നത് ശൂദനും കാണാം ശമ്മതമാണെന്ന് കാണാം അങ്ങനെയാണ് ഇനി എന്ന് വരും അവന് ബ്രാഹ്മണനെന്ന് ഓടിക്കുക എന്താ ദോഷം ദോഷവും ഗുണം കൊണ്ടുള്ള ബ്രാഹ്മണ് അതിന് ഈ വ്യാഖ്യാതാക്കളെല്ലാം അംഗീകരിക്കുന്നു അതിന് ദോഷവും ഇല്ലാണോ പക്ഷെ എന്താണ് പ്രധാനമായ പോയിന്റ് എന്താണ് പക്ഷെ ആരും തന്നെ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ നിഷേധിക്കുന്നു ഇന്നത്തെ യാത്രകളിലേക്ക് പറയുന്നത് ജന്മം കൊണ്ടുള്ള വേറെ വർണം നേരെ അങ്ങനെയെന്ന് ആരും പറയുന്നു അവർ പറയുന്നത് ബ്രാഹ്മണാഭിജാതികളെന്ന് പറയുന്നത് ജന്മം കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സ്മൃതികളെല്ലാം പറയും ജീവിത കാര്യം വിശദീകരിക്കാൻ കഴിയും സരസ്വൃതി എത്രയോ സ്മൃതി പുരാണങ്ങൾ വളരെ പിൽക്കാലത്തുണ്ടായ ഭവിഷ്യ ിട്ടാണ് കേട്ടിരിക്കും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഒരു സൂത്രനിലും ഈ സമൂഹത്തിലും ഒക്കെ കാണാം അങ്ങനെ കാണുന്നുണ്ട് അവനെ ബ്രാഹ്മണനെ വിളിക്കാം പക്ഷെ അവനാരും തന്നെ ആയിരിക്കും സൂത്രം തന്നെയായിരിക്കും ജന്മം കൊണ്ടുള്ള അത് പോകത്തില്ല കാരണം മലയാളത്തിൽ ചൊല്ലുണ്ട് ജാതി ആരോട് കൂത്താ പോകുമോ എന്ന് പറയും ഇതീ പഴയ ഇതിൽ നിന്ന് വന്നാണ് ജന്മം കൊണ്ടുള്ള ജാതി അത് പോകത്തില്ല എന്തൊക്കെ ഗുണമുണ്ട് അതിന് മസൂദി സരസ്വതി അത് തെളിയിക്കുകയും ചെയ്യും മഹാഭാരതത്തിൻ്റെ എന്താണ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് വിതുരൻ സ്വയം പറയുന്നു ഞാൻ ശൂദ്രനാണ് എനിക്ക് ജ്ഞാനമുണ്ടാക്കുന്നത് പക്ഷെ അധ്യാപനത്തിന് എനിക്ക് അവകാശം അതുകൊണ്ട് ധൃതരാഷ്ട്ര ആത്മവിധ്യ ഉപദേശിക്കുന്നതിന് എനിക്ക് അധികാരമില്ല എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് മഹാഭാരത വേദിയാണ് വിദുരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഇങ്ങനെ ഒരാശയത്തെ പറയും അതിൽ നിന്നല്ല അർത്ഥങ്ങൾ വേണ്ടത് വിദുരൻ ശമതമൊക്കെ ഉള്ള ആളാണ് അപ്പോ ഇതരുടെയും ബ്രാഹ്മണൻ എന്ന് വിളിക്കാം പക്ഷെ ജന്മം കൊണ്ടുള്ള ശൂദ്രത്വം അത് പോകത്തില്ല അപ്പോ ഇതംഗീകരിച്ചേട്ടു അപ്പൊ ചോദിക്കും ശരി അത് മഹാഭാരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു ഗീതയില് ചോദ്യം വരും രീതിയിൽ ഇങ്ങനെ ജന്മം കൊണ്ടുള്ളവർക്ക് ആ അംഗീകരിക്കണമോ രീതിയിൽ അംഗീകരിച്ചേ പറ്റും അംഗീകരിക്കാതെ പറ്റും ആ ഇതാണ് ഗുണമുള്ളവർ എന്നൊക്കെ ബ്രാഹ്മണൻ ആരെയും വിളിക്കാം പുരുഷനാണ് സ്ത്രീയുടെ വേഗം മാറ്റി അപ്പോ ബ്രാഹ്മണനും ക്ഷത്രിയനും വഴിയുള്ള ബാക്കി പാപയോനികൾ പാപം കാരണമായി ജനിക്കുന്നവർ വൈശ്യ ശൂദ്ര സ്ത്രീകൾ അല്ല എല്ലാ സ്ത്രീകളും ബ്രാഹ്മണ സ്ത്രീകളായാലും ശരി പാപയോനികളാണ് ഇവയെല്ലാവരും എന്താണ് ഇവർക്കെല്ലാം മോക്ഷത്തിന് അധികാരമുണ്ട് അതൊക്കെ ഗീ അതൊക്കെ ശരിയല്ല ജന്മം കൊണ്ടുള്ള ആ ദോഷം അത് മാറ്റാൻ പറ്റുണ്ട് അതവിടെ ഉണ്ടായി പിന്നെ ഗുണം ആ ഗുണം കൊണ്ട് ഒരാളെ അങ്ങനെ വിളിക്കുന്നതിന് കിട്ടുന്നു അതുകൊണ്ട് ഈ യുധിഷ്ഠിത മഹിഷ്ഠ സംവാദത്തിൽ പറയുന്ന രീതിയിൽ ഉള്ള ആ ബ്രാഹ്മണ്യം ആരും കിട്ടില്ല ദോഷവും പക്ഷെ ജന്മം കൊണ്ടുള്ളത് പോകത്തില്ല പക്ഷെ ഗീതയിൽ അങ്ങനെ ഉണ്ടോ ഉണ്ടെന്നാണ് എല്ലാം അനക്കാതാക്കുന്നത് ഗീതയിൽ അത് പറയും അത് വളരെ വിശദമായി വിശദീകരിക്കുന്ന ആള് ഇവിടെയും വിശദീകരിക്കുന്നുണ്ട് അത് വേദാന്ത ദേശീയം അത് വിശദമായി പറയുന്ന ആളാണ് നിലകൊണ്ടായിരിക്കും മത്സൂന സരസ്വതി ഇവരെല്ലാം വയ്ക്കുന്നു സങ്കരാഹാര വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാരണം ഇവിടെ സങ്കരാഹാര രേഖന വളരെ സംക്ഷിപ്തമായി ബാക്യാർത്ഥം മാത്രമേ പറയൂ പൂർവ്വപക്ഷങ്ങൾ പറയുമ്പോൾ നടത്തിയാത് വരുത്തൂ പൂർവർഷം പറയുന്നു വാക്യാർത്ഥം പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല ആശയം മനസ്സിലാക്കും നിനക്കണ്ടായിട്ട് വ്യാഖ്യാനം മാത്രമായിട്ട് പോകും അദ്ദേഹം പറയുന്നത് ഇവിടേക്ക് പറയുന്ന കർമ്മങ്ങളാണ് സമൂഹ ഇതൊക്കെ കർമ്മവും തന്നെ പറയുന്നു ഈ ശമം എന്ന് പറയുന്നത് എന്ത് കർമ്മമാണ് സമത്തിന് അദ്വൈതയുടെ പക്ഷത്തിൽ പറയുന്നത് മനസ്സിന്റെ നിഗ്രഹം എന്നാണ് പക്ഷെ രാമാനുജപക്ഷത്തിൽ പറയുന്നത് ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം എന്നാണ് അല്ലെ ഇങ്ങനെ തോന്നാൻ പട്ടിച്ച് കൃത്യമായുള്ള ആർക്കും അവർക്ക് തോന്നിയ അർത്ഥം പറയും ഞങ്ങളുടെ പരമ്പരയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാമാനുജാനായിട്ട് പറയും ശ്രമവും വെച്ച് ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക പിന്നെ ദമോ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുക ഇതൊക്കെ ശരി ഒരു കർമ്മമായിട്ടെടുത്തു ഇത് കർമ്മമായിട്ടെടുത്തവരാൾക്ക് ഇത് കൊണ്ട് ജീവിക്കാം രണ്ട് സമൂഹവും കൊണ്ട് ജീവിതം കഴിഞ്ഞു ജീവിതം മുമ്പോട്ട് പോണമല്ലോ അപ്പോൾ കർമ്മത്തെ തന്നെ രണ്ടായിട്ട് വിഭജിക്കുന്നു വിഭജനം മറ്റൊന്ന് കർമ്മം മറ്റൊന്ന് വൃത്തി ഇവിടെ വേഗം പറയും വൃത്തി എന്ന് പറയുന്നത് എന്താണ് ജീവനോപായ ജീവിക്കുന്നതിനുള്ള മാർഗമുണ്ടെന്ന് അതിനാണ് വൃത്തിയെന്ന് ഇപ്പം ബ്രാഹ്മണന്റെ വൃത്തി ജീവനത്തിനുപായം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അധ്യാപനം പിന്നെ യാഞ്ചനം പഠിപ്പിക്കുക മറ്റുള്ളവരെ കൊണ്ട് യാഗ് ചെയ്യിക്കുക പിന്നെ പ്രതിഗ്രഹം മറ്റുള്ളവരിൽ നിന്ന് ദാനം സ്വീകരിക്കുക ഇതിനു ജീവനോ അപ്പൊ ഈ കർമ്മങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു ഇല്ലല്ലോ ഈ കർമ്മങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു ഈ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് സ്മൃതികൾ പുരാണങ്ങളെല്ലാം ഉദ്ധരിച്ചിട്ട് കേൾക്കേണ്ടത് നിരവധി ക്ഷണങ്ങളിൽ പറയുന്നുണ്ട് പുരാഹ്മണൻ ഇങ്ങനെ വേണം ജീവിക്കേണ്ടത് അവന്റെ ജീവനോപായം അവന്റെ വൃത്തി എന്ന് പറയും ഇതൊക്കെയായി എന്നു വെച്ചാൽ ക്ഷത്രിയന്റെ വൃത്തി അത് ചെയ്യാൻ പാടില്ല ബുദ്ധം അത് ചെയ്യാൻ പാടില്ല പൈസന്റെ വൃത്തി കൃഷി ഓരോരക്ഷ വാണിജ്യം ചെയ്യാൻ പാടും ശൂദന്റെ വൃത്തി സേവാ അത് ചെയ്യാൻ പാടും അവന്റെ പ്രധാനമായ വൃത്തി ഇതാണ് പഠിപ്പിക്കുക യാഗം ചെയ്യിപ്പിക്കുക ഇതൊക്കെ ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ഗീതയിൽ കൃഷി ചർച്ച ചെയ്യുന്ന ീതയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എവിടെയാണ് തസ്മ ശാസ്ത്രം പ്രമാണം കാര്യകാര്യ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഈ നാല് വർണ്ണത്തിലുള്ളവരും തീരുമാനിക്കുന്നെന്തനുസരിച്ചിട്ട് ശാസ്ത്രം അത് പറയുന്നതിനനുസരിച്ച് ഏത് ശാസ്ത്രം ഗീതിയിൽ ഇല്ല ഗീതയില് അപ്പൊ പറയുന്നത് എന്താണ് ഗീതയിൽ പറയുന്നത് ആ കാര്യം എന്നാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് സാമാന്യധർമ്മങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്നിട്ട് ഈ സാമാന്യധർമ്മങ്ങൾ ഈ വർണ്ണങ്ങൾക്ക് ഈ ജാതികൾക്ക് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല ഇപ്പൊ ക്ഷത്രിയല്ലേ എന്ന് പറഞ്ഞു ക്ഷസ് സാമാന്യധർമ്മം പറയുന്നത് എന്താണ് ശൗര്യ വിധേയോ ചെറുതൃക്കാക്ഷ വിധേയ വ്യപലായം മസ്സനുസരിച്ച് വയ്ക്കാൻ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ക്ഷത്രിയത്തിൽ തന്നെ കാണുമെന്ന് നിർബന്ധം തോന്നില്ല എന്തുകൊണ്ട് ദ്രോണ ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണനായ ദ്രോണങ്ങൾ ഇതൊക്കെ കാണുന്നു ഈ പറയുന്ന ഗുണങ്ങൾ ഈ മൂന്ന് വർണ്ണങ്ങൾ പ്രധാനമായിട്ട് ഈ മൂന്ന് വർണ്ണങ്ങളിൽ ഏതിനും കാണാമെന്നുള്ളത് ഇതിനേക്കെന്ത് പറയണമെന്ന് ഇതൊക്കെ സാമാന്യധർമ്മങ്ങളാണ് മൂന്ന് വർണ്ണങ്ങളിലും കാണാം ഈ സാമാന്യധർമ്മങ്ങൾ ആരില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്രാഹ്മണനോ ക്ഷത്രിയെന്നോ വൈശ്യെന്നൊക്കെ പറയാം സന്തോഷമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു നീ ഇന്നത് കേണ് ഇന്നത് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഗീതയിലൂടെ തിരുമ്പ് നനയ്ക്കാൻ പറ്റത്തില്ല ശ്രുതി സമൃദ്ധി ഇതിഹാസ് പുരാണങ്ങളെല്ലാം അവിടെ മനുസ്മൃതി പറയുന്നത് എന്താണ് ബ്രാഹ്മണൻ ചെയ്യേണ്ടത് യചനം യോജനം ദാനം പ്രതിഗ്രഹം പോലെയുള്ള കർമ്മങ്ങളാണ് അപ്പോൾ ആ ശാസ്ത്രം നോക്കിയേ ബ്രാഹ്മണന് ബ്രാഹ്മണിന്റേതായ വിശേഷധർമ്മക്ക് തീരുമാനിക്കാൻ പറ്റും ഗീതയിൽ തീരുമാനിക്കാൻ പറ്റത്തും മറ്റ് ശാസ്ത്രങ്ങൾ തള്ളിക്കളയാൻ പറ്റത്തില്ല പറയുന്നതൊക്കെ നമ്മൾ പിന്തുടരുന്നുണ്ടോ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഇതെന്റെ അഭിപ്രായമുണ്ട് നമ്മുടെ പ്രാമാണികന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായം അപ്പോ ധർമ്മം എന്ന് പറയുന്നത് സാമാന്യമായ ധർമ്മങ്ങളുണ്ട് വിശേഷമായ ധർമ്മങ്ങളുമുണ്ട് സാമാന്യമായ ധർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് ആരെല്ലാം തരാം അപ്പോൾ ഇത്തരം സവിശേഷത കാണുന്നവരുന്നേക്ക് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ പറയാം ദോഷവൊന്നുമില്ല ഇപ്പോൾ ഗുണത്തിനനുസരിച്ച് ബ്രാഹ്മണ്യം എന്ന് പറയുന്നതിന് ദോഷവുമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതൊരു പക്ഷികമായ വ്യാഖ്യാനമുള്ളത് അത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവും മറിച്ച് എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രിയയും തുടങ്ങിയ കാര്യങ്ങൾ അവന്റെ വൃത്തിയിലേക്ക് വരുന്നു പ്രധാനമായിട്ടും അവന്റെ മുഖ്യമായ കർമ്മത്തിലേക്ക് വരുമ്പം അത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കാനേയും പറ്റും ഗുണങ്ങൾ കൊണ്ട് തീരുമാനിക്കാൻ പറ്റും എന്തുകൊണ്ടല്ലോ തസ്മാ ശാസ്ത്രം പ്രമാണം അവിടെ നിങ്ങൾക്ക് പ്രമാണമായിട്ടുണ്ട് ശാസ്ത്രത്തെയാണ് ശാസ്ത്രത്തിൽ എന്ത് വിധിച്ചിരിക്കുന്നു അതേ ചെയ്യാം അതിന് ഏത് ശാസ്ത്രം നോക്കണം ഈ പറയുന്നത് ശുദ്ധി ശ്രുതിവാസ് ഗ്രാമങ്ങളെല്ലാം നോക്കണം അവിടെ പറയുന്നുണ്ട് ബ്രാഹ്മണന് ഇന്നതാണ് ധർമ്മം അധ്യാപനം അത് ക്ഷത്രയും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഹ്മണനെങ്ങനെ തീരുമാനിക്കും പൂർവ സംസ്കാരം കൊണ്ട് ബ്രാഹ്മണകുലത്തിൽ ജനിക്കുന്ന ബ്രാഹ്മണനെ ബ്രാഹ്മണനായ അല്ല ഏതെങ്കിലും ഒരുത്ത ഒരു സൂദ്രൻ ഗീത വായിച്ച് വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റും അവനത് വ്യാഖ്യാനിക്കാനുള്ള അധികാരം അവന്റെ അധികാരമെന്ന് പറയുന്നത് വിദുരന്റെ അധികാരം പോലെയാണ് വിദുരൻ അത്ര എല്ലാ ശൂദ്രന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും എന്താണ് അടുത്തു പറയും സ്വേ സ്വേ കർമ്മിര അവനവന്റെ കർമ്മത്തിനെന്ത് ചെയ്യണം താത്പര്യപൂർവ്വം ഇടപെടുന്നത് ഈ അവനവൻ ആരാണ് ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വയസ്സനും ഒക്കെ ആയിട്ടിരിക്കുന്നു അവനാണ് അവനവൻ അതാണ് പറയുന്നത് സ്വധർമ്മമൊക്കെ ആപേക്ഷ എവിടെയും പറയും സ്വധർമ്മ നിന്റെ ധർമ്മം നീ ക്ഷത്രിയനാണ് ൂലത്തിൽ ജനിച്ചേണം നിന്റെ ധർമ്മമാണ് യുദ്ധം ശ്രീയാൽ സ്വധർമ്മോ വിഗുണം പരധർമ്മ സമിഷിക്കുക അപ്പൊ സ്വധർമ്മം പരധർമ്മം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗീതയിൽ തന്നെ തീരുമാനിക്കണം എങ്ങനെ ജന്മം കൊണ്ട് ജോലി സ്വീകരിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ സ്വധർമ്മം പരധർമ്മം ഞാൻ വളരെ എന്ത് തന്നെ ചോദിച്ചും പിന്നീട് ഞാൻ വിശദീകരിക്കാൻ ീനയിലെ സാമ്പ്രദായികമായ ആചാര്യങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച് സ്വധർമ്മം പരധർമ്മം എന്ന് പറയുന്നത് ഈ കുറവ് ഓരോരുത്തരും ജനിക്കുന്ന ജാതി അനുസരിച്ച് തീരുമാനിക്കും അത് ഗുണങ്ങളനുസരിച്ച് തീരുമാനിക്കാൻ പറ്റില്ല ഗുണമെന്ന് പറയുന്നത് ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന ഗുണമനുസരിച്ച് ബ്രാഹ്മണനോ ക്ഷത്രിന്നോ പറയുന്നുണ്ട് ദോഷം ദ്രോണര് ബ്രാഹ്മണനാണ് പക്ഷെ ഈ ശൗര്യവും ലീനിയൊക്കെ കാണിക്കുന്നുണ്ട് ക്ഷത്രിയനെന്നും അത് മഹാഭാരതന്നെ പലരും ദ്രോണരോട് തന്നെ ചോദിക്കുന്നുണ്ട് താനുണ്ട് ബ്രാഹ്മണനാണ് താനീ കാണിക്കുന്ന ഗുണമല്ല കാണിക്കുന്നു എന്നും ദ്രോണരോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് ീതയെ പരസ്പരം ബന്ധപ്പെടുത്തി എല്ലാ ശ്ലോകങ്ങളും വച്ച് ചിന്തിക്കുമ്പോൾ എല്ലാചാര്യന്മാരുടെയും നിലപാടിൽക്ക് തന്നെയാണ് നമ്മുടെ ആധികാരികമായ എല്ലാചാര്യന്മാർ സ്വധർമ്മം തീരുമാനിക്കണമെങ്കിൽ ജന്മം കൊണ്ടുള്ള ജാതി ചെറിയ പിന്നെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഗുണമനുസരിച്ചാണെങ്കിൽ അത് എവിടെയും പറയും പക്ഷെ അവിടെ സ്വധർമ്മം തീരുമാനിക്കൊപ്പത്തില്ല എന്തുകൊണ്ട് അതിനെ ശ്രുതി സ്മൃതി വിവാഹ പ്രധാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കും ഈ കാര്യം വിശദമാക്കുന്നതിന് വേണ്ടി മനസ്സുനസ്വര സ്തുതി ഇരുപതോളം പ്രമാണങ്ങൾ എന്നു വശിഷ്ഠ സ്ഥിതി വിഷ്ണു സ്മൃതി ദേവതസ്മൃതി ഋഷി പുരാണ ഇളവ നിരവധി മനുസ്മൃതി എല്ലാം പോട്ട് ചെയ്തിട്ട് വയ്ക്കാൻ അതിൽ ഒരു സംശയം വരാതെ നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നതാണ് എന്താണ് നമ്മുടെ സ്വധർമ്മം തീരുമാനിക്കണമോ അത് ജന്മം കൊണ്ടുള്ള ജാതിയൊക്കെ വെച്ചാൽ അത് തുടക്കം പോലെ അഞ്ചു വർഷത്തിലുള്ള ബ്രാഹ്മണനെ ഉപനയനം ചെയ്യണമെന്ന് പറഞ്ഞു അഞ്ചു വർഷത്തിലുള്ള ഒരു കുട്ടിയുടെ ഗുണം പരിശോധിച്ചിട്ട് ഉപനയനം ചെയ്യിക്കാൻ പറ്റും ഏഴു വർഷമുള്ള ക്ഷത്രിയന് ഉപനയനം ചെയ്യിക്കാൻ ജന്മം കൊണ്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ മൂലം കർമ്മം തുടങ്ങുകയാണ് ആദ്യത്തെ കർമ്മം ആദ്യത്തെ എങ്കിലും ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്താണോ ആ ഉപനയനമാണ് പ്രധാന കർമ്മം അത് ജന്മം കൊണ്ടല്ലാതെ എങ്ങനെ തീരുമാനിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി അതിനെ തീരുമാനിച്ചു അതവര് ചർച്ച ചെയ്യുന്നത് ഈ ജന്മം കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യത്തെ സമ്മർദ്ദിക്കാൻ വേണ്ടിയൊന്നുമല്ല ഈ വർണ്ണവും ജാതി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാമെന്നുമില്ല അത് സമർത്ഥിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അത് ഈ ശാസ്ത്രങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ് പിന്നെ ഈ ഗുണത്തിന്റെ കാര്യവും മഹാഭാരതം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് അങ്ങനെ വരുന്നത് ഗുണം മാറിക്കൊണ്ടിരിക്കുന്നു ചെറിയേരിയും കുറഞ്ഞോക്കായിരിക്കും അപ്പോ ശൂദ്രൻ ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്കെല്ലാം നടന്നു പക്ഷെ ഏത് സംസ്കാരം കൊണ്ടാണ് ജനിച്ചത് ശൂദ്ര ജന്മത്തിന് കാരണമായ സംസ്കാരമാണ് അതുകൊണ്ട് മിദുരൻ ശൂദ്രൻ തന്നെയാണ് അപ്പൊ സാമാന്യമായ ധർമ്മങ്ങളെല്ലാം മിദുനിൽ വരാം പക്ഷെ ഈ സ്മൃതികളിൽ വിധിച്ചിരിക്കുന്ന ർമ്മം അനൂചാലും ബ്രാഹ്മണനും ഉപജീവനത്തിനു വേണ്ടി ജീവിച്ചിരിക്കുന്ന ധർമ്മം യാജനം മറ്റുള്ളവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുക അശൂധ പാടില്ല ചെയ്യാൻ പാടില്ല അധ്യാപനം പഠിപ്പിക്കുക അത് വിതരണം ചെയ്യാൻ പാടില്ല മഹാഭാരതത്തിന് പറയുന്നത് പ്രതിഗ്രഹം ദാനം സ്വീകരിക്കുക കൊടുക്കാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ രാമാനുജാചാര്യം പക്ഷേ ഇത് തന്നെയാണ് മനസ്സി വെച്ചുകൊണ്ടെണ്ണം ഞാൻ വീണ്ടും ആവർത്തിക്കെത്തില്ല ആവർത്തിക്കുക ആവർത്തിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അത് ബോർഡെടുക്കും അതുകൊണ്ട് ഞാനത് ആവർത്തിക്കത്തില്ല ഇത് മനസ്സി വെച്ചവണ്ണം ഗീത വ്യാഖ്യാനികളും പിന്നെ വന്നുകൊണ്ടു ഇതിനല്ലാതെ വ്യാഖ്യാനിക്കുന്നു കാര്യം അതോടെ പറയണല്ലോ ഞാനിപ്പോ വ്യാഖ്യാനിക്കുന്നു ഇതാണ് ഇതിന്റെ സത്യം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണ് ധർമ്മം എന്റെ അത്ര സത്യം വേറെ ആർക്കും ഇല്ല എന്നെപ്പോലെ ധാർമ്മികൾ വേറെ ആർക്കും ഇല്ല ഇങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും വെച്ചുകൊണ്ടല്ലേ പറയുന്നു മറിച്ച് വ്യാഖ്യാനിക്കുന്നവരും ധരിക്കുന്ന ഇതാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വ്യാഖ്യാനം ചെയ്യുന്നത് അന്ന് തന്നെയാണ് മറിച്ച് വ്യാഖ്യാനിക്കുന്നവരും അപ്പോ എന്താണ് സത്യബോധം ധാർമ്മികത ഇത് തന്നെ എല്ലാരും പറയും ഞാൻ പറയുന്നത് തന്നെയാണ് എന്നെ ചോദ്യം ചെയ്യുന്നവരും എന്നെ എതിർക്കുന്നവരും പറയുന്നതാണ് അപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ മാത്രമേ സത്യസന്ധനായി വ്യാഖ്യാനിക്കുന്നുള്ളൂ ഞാൻ മാത്രമേ ധാർമ്മികനായ ജീവിയുള്ളൂ അങ്ങനെ ഒരു അവകാശവാദമുണ്ട് പറയുന്നതായിരുന്നു എന്താണ് ഈ പറയുന്നത് അതിലേക്ക് ഉപരിയായിട്ടൊന്നും സത്യസന്ധനാണോ ഞാൻ ധാർമ്മികനാണോ വ്യക്തിപരമായ എന്ത നിലപാടുകൾക്കല്ല അവിടെ പ്രാധാന്യം വരുന്നത് മനുഷ്യർ വിവേകമെന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പറയുന്നത് നമ്മള് ആർജിതമാണ് നമ്മുടെ ജീവിതകാലത്തെ ചിന്തയും പരിചയം നമ്മൾ ആർജിതമാകുന്ന ഒരു വിവേകമുണ്ട് ആ മുൻനിർത്തി ഇതൊക്കെ പറയും എന്നുള്ളതേ ഉള്ളൂ അല്ല അതിന് അതിനപ്പുറം അതിനകത്ത് പെഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ധാർമ്മികതയോ സത്യസന്ധത അങ്ങനെയൊന്നുമില്ല ബാക്കിയുള്ളവരൊന്നും അതില്ലാത്തവരും ഞാനത് ഉള്ള ആളോ അങ്ങനെ ഒരു ഭാവമോ എനിക്ക് പക്ഷെ എനിക്കൊരു തിരിച്ചറിവുണ്ട് അത് എന്തിന്റെ തിരിച്ചറിവ് ഈ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായൊരു ബോധം ഒരു ബോധ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനതിനെ പറയുന്നത് അത്രയേ ഉള്ളൂ അതിനകത്ത് ആ ബോധ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആചാര്യന്മാരേയിലേക്ക് ഇവിടെ രാമാനുജ ആചാര്യ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ജന്മം കൊണ്ടാണ് സംഭവം നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഇവിടെ ഇഷ്ടംപോലെ തന്നെ ഞാൻ പറയുന്നതിനും തള്ളിക്കളെ പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു എന്റെ ബോധ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യക്തിപരമായി എന്നോട് വിരോധം വെച്ചുകൊണ്ടിരിക്കരുത് എന്നെ കാണുമ്പം മുഖം തിരിഞ്ഞ് ദൈവേദി നടക്കാതില്ല എനിക്ക് തിരിച്ച് അങ്ങനെയൊന്നുമില്ല മുഖം തിരിച്ച് കൈ ഒരു വശം കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇത് വ്യക്തിവിദ്വേഷത്തിന്റെ യാതൊരു പ്രശ്നവും വീണാകുന്നില്ല ഇത് ചർച്ചയാണ് എന്റെ അറിവ് എന്റെ ഞാൻ പറയും ഇത് ആചാര്യന്മാരുടെ അഭിപ്രായമാണ് പിന്നെ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണ് അതാണ് ആൾക്കാരുടെ പ്രയോഗിക്കുന്നത് പലരും ഇതൊക്കെ അറിയാമെങ്കിലും അവരറിവില്ലെന്ന് വ്യാഖ്യാനിക്കും അവരൊരു വ്യാഖ്യാനിക്കും അത് പ്രശ്നമൊന്നു വെച്ചാൽ ഇന്നത്തെ ആധുനിക മനുഷ്യന് മുമ്പിൽ ഇത്തരത്തിലുള്ള വേഖകളൊന്നും പറയാൻ പറ്റില്ല തിരസ്തി കാരണം ഇങ്ങനെ ജന്മം കൊണ്ടാണ് ഗ്രാമൻ ജന്മം കൊണ്ടാണ് ക്ഷത്രിയം ബ്രഹ്മം കൊണ്ടാണ് പൈസയും ചൂതരും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്നൊരു അപകടം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നൊക്കെ ശരി തന്നെയാണ് പണ്ടിങ്ങനെ തന്നെയാണ് മനുഷ്യനെ കണക്കാക്കിയിരുന്നത് എന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നം മനുഷ്യന്റെ ഇടയില് ഉച്ചനീജത്തുന്നത് ഇത് ഇന്നത്തെ സമൂഹത്തിനൊന്നും പറയാൻ പറ്റില്ല സമൂഹത്തിന്റെ പുതിയ ഒരു സമൂഹ മനസാക്ഷി സാമൂഹ്യബോധം ഇതിനകത്തിന്റെ സ്ക്രി ഇതാണ് ഇന്നത്തെ ആധുനിക വ്യാഖ്യാതാക്കളുടെ പ്രശ്നം പ്രത്യേകിച്ചും സൂദ്രസന്യാസിമാരുടെ പ്രശ്നം എന്നെ പോലെയുള്ള അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും കുറച്ച് കൃത്രിമങ്ങളൊക്കെ കാണിക്കും ആൾക്കാരൊന്നും സമാധാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് ദീനയും വേണം എന്നാൽ ഇന്നത്തെ ലോകത്തോട് ചിന്തയോട് പെരുത്തപ്പെടുത്തുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് സമൂഹം ഇത് അംഗീകരിക്കും നിങ്ങൾ ജന്മം എന്ന് പറയുന്നൊരു ദോഷമൊന്നുമില്ല ജന്മം എന്താ കുഴപ്പം ജന്മം കൊണ്ടാണ് എന്ന് പറയുന്നൊരു ദോഷമൊന്നുമില്ല പക്ഷെ അങ്ങനെ പറയുന്നതിനോടൊപ്പം വരുന്ന ഒരു കാര്യമാണെന്ത് വിവേചനങ്ങൾ ഉച്ചനീചത്വം ഐത്തം അസ്പൃശ്യതല്ല വേണ്ട രീതികളും അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വ്യാഖ്യാതും അപ്പൊ അവർക്ക് എന്ത് പറയേണ്ടി വരും ഏ ഇങ്ങനെ ജാതി വേറെയാണ് വർണ്ണം വേറെയാണ് അപ്പൊ ഈ ശൂദ്രനും പറയും ഞാൻ ബ്രാഹ്മണനാണ് പറയുന്നതിന് ദോഷമില്ലാതെ ഞാനും പറയണ്ടവിടെ എന്തുകൊണ്ട് ശൂദ്രന് ഈ പറയുന്ന സമ്മതമാതികളാണെന്നു അവനെ ബ്രാഹ്മണനെ വിളിക്കാം പക്ഷെ അവന് ഒന്ന് എന്താണ് അവൻ ശൂദ്ര ബ്രാഹ്മണനാണ് എന്നുകൂടെ പറയേണ്ടി വരും മറ്റേ അതുകൂടെ ചേർത്ത് പറയുന്നത് എന്താണ് ഞാൻ ശൂദ്ര ബ്രാഹ്മണനാണ് അത് വിട്ടുകളയരുത് എന്തുകൊണ്ട് അടിസ്ഥാനപരമായി അത് അനുയരിച്ചവർ വളരെ സങ്കീർണമാണ് ചോദിച്ചു ഇത് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരേർപ്പാടാണ് ഇത് ഇന്നത്തെ ഈ ആധുനിക ഈ ശൂദ്രസ്വാമി ആരോഗ്യ വൈകാനികം പ്രീതം എല്ലായിടത്തും ഉണ്ടായിരുന്നതല്ല ഇവിടെ മാത്രമല്ല ഇതിവിടെ മാത്രമല്ല വേറെ ലോകത്ത് ഒരിടത്തും ഈ കുഴപ്പം പിടിച്ച സംഘം മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുക മനുഷ്യനെ വിഭേദിക്കുക ഒരു യൂറോപ്പിലുണ്ട് അമേരിക്കയിലുണ്ട് ആഫ്രിക്കയിലുള്ള എന്താണ് അവിടെ കറുത്തവരും വെളുത്തവരും വരും അപ്പം വെളുത്തവരും കറുത്തവരോട് ഒരുപാട് അതിക്രമം ചെയ്തിട്ടേ അതുപോലെയൊക്കെ ഉള്ളൂ ഇവിടെ അല്ല അത് വർഗീയത ഈ രണ്ട് രണ്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മള് സ്മൃതികളിൽ പറയുന്ന അനുസരിച്ച് ഇവിടെ ഒരു പ്രധാനമായ ദോഷ ഇതിനകത്ത് വരുന്നത് വർണ്ണസങ്കരം ഗീരീത് എന്നു പറയും ബ്രാഹ്മണ സ്ത്രീയിൽ ശൂദനും സന്താനം ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായാലും ചണ്ടാളനാകാം ചണ്ടാളനായാലും അവൻ സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കും തിരിച്ചും ബ്രാഹ്മണ പുരുഷന് ശൂദ്രത്രീ സന്താപനമുണ്ടായ അവൻ പുലസ്കൻ മറ്റത് മറിച്ചതെന്നൊക്കെ പറയും അവനെയും ബഹിഷ്കരിക്കും ഈ ബഹിഷ്കരണ കൊണ്ട് തന്നെ ഏറ്റവും വലിയ അപകടം വരും അവന് സങ്കര അവന് പിന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരിക്കലും അവന് വരാൻ പറ്റില്ല അവന് ആ ബഹിഷ്കരണം എന്ന് പറയുന്നത് എങ്ങനെ നൂറ്റാണ്ടുകൾ തലമുറ തലമുറകളായി അപ്പോൾ അവന് നല്ല ഭക്ഷണത്തിന് അവകാശമില്ല സാമൂഹ്യ ജീവിതത്തിന് അവകാശമില്ല വിദ്യാഭ്യാസത്തിനവകാശമില്ല ചന്ദ്രായു പറഞ്ഞത് ശൂദ്രൻ ബാക്കിയുള്ളവന്റെ കാര്യം ഇപ്പോട്ടെ രണ്ടാളുടെ കാര്യം പോട്ടെ ശൂദ്രൻ ഇത് കേട്ടുകഴിഞ്ഞാൽ അവൻ്റെ ചെലയിൽ ഈയോഗി വഴിയിരിക്കണം ഇനി അവനത് പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം രണ്ടായി പിളർക്കണം അപ്പൊ ശൂദ്രാധികളൊന്നും കേട്ടാണ് അപ്പൊ എന്തു ചെയ്യും ഇവനത് കേട്ടാത്ത പഠിക്കാത്ത ദൂരത്തിൽ അവൻ ജീവിക്കേണ്ടി വരും അപ്പൊ ബഹിഷ്കൃതനാകും എന്നിട്ട് അധഃകൃതനാകും അപ്പോ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും തലമുറ തലമുറകള അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും അവനൊരിക്കലും ഈ മുഖ്യ സാമ്പത്തിക ധാരയിലേക്ക് കടന്നുവരാനേ പറ്റില്ല എന്താണ് ഒരു ചെടിയെ നിങ്ങൾ വെളിച്ചവും വെള്ളവും കൊടുക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ ആ ചെടിക്ക് എന്നിട്ട് സംഭവിക്കും അതുതന്നെ അവന് സംഭവിക്കുന്നു എന്നിട്ട് അവനെ നോക്കി പറയും എന്താണ് അവൻ ബുദ്ധിയില്ലാത്തവനാണ് അവൻ കഴിവില്ലാത്തവനാണ് അവൻ ഞങ്ങളെപ്പോലെയല്ല അവൻ ഉയർന്നു വരാൻ പാടില്ല അവൻ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ദോഷമാണ് ഇതും പറയും അവന് അവന്റെ ബുദ്ധിയേയും കഴിവിനെയൊക്കെ എന്ത് ചെയ്തു നശിപ്പിച്ചതാണ് വീണ്ടും അവന് ബുദ്ധിയോ കഴിവോ കൊടുക്കുന്നതിനൊരവസരം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണം അത് പാടില്ല കാരണം ബുദ്ധിയും കഴിവൊക്കെ വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം നല്ല വിദ്യാഭ്യാസവും വേണം നല്ല ഭക്ഷണം വേണം ഇതില്ലാതെയാണ് വളരുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇതൊക്കെ നഷ്ടപ്പെട്ട് സ്വാഭാവികമാണോ അപ്പോൾ അവനെ ചെയ്യേണ്ടു പ്രത്യേകമായ പരിരക്ഷ കൊടുത്ത് അവനെ വളർത്തിയെടുക്കുകയും അത് പറയുമ്പോൾ പറയുന്നില്ല അത് പാടില്ല അവൻ ബുദ്ധി കെട്ടവനാണ് അവനങ്ങനെ വളർത്താൻ പാടില്ല അവനെ വളർത്തിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അവകാശങ്ങൾ കൈവയ്ക്കും ഞങ്ങളുടെ സംവരണത്തിൽ കൈവയ്ക്കും അതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അത്തരം ചിന്താഗതികൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യൻ സാമൂഹ്യബോധമില്ലാത്ത മനുഷ്യൻ അതാണ് ഇന്നത്തെ പ്രശ്നം അതുകൊണ്ടല്ലേ ഞങ്ങളെ പോലെയുള്ളൊരു വ്യാഖ്യാനം ഇതിനെ കുറച്ചൊക്കെ മോടിയും മറച്ചും കുളിപ്പിച്ച് എടുത്ത് അത് എന്താണോ ശരിയായൊരു വ്യാഖ്യാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം പറയുന്നത് ഇത് ഒരുപാട് സാമൂഹികമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പണ്ടും ഇന്നും അങ്ങനെ അത് ഒഴിഞ്ഞുപോയിട്ടുണ്ട് എല്ലാ ദിവസവും ഇതിന്റെ വാർത്തകളും കാണാം വിവേചനത്തിന്റെ വാർത്തകൾ അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ എന്താണോ ബ്രഹ്മാനുജാ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നതും ആണ് ശരിയായ വ്യാഖ്യാനം എന്തുകൊണ്ടത് പഴയ സംബന്ധിവാസ പുരാണങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യക്തി പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് യോജിക്കുന്നതായിരുന്നു ഇത്രയേ ഉള്ളു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് പാടയോ ഇതിനെ ഇത്രയേ ഉള്ളു ഇതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയെടുക്കണോ അതോ പാടയെ തിരസ്കരിക്കുന്നു എന്റെ അഭിപ്രായം ഇത് പാടയെ തിരസ്കരിക്കും ഇതിനെ കുളിപ്പിച്ചാൽ ഇത് ശരിയാകും ഇത് വൃത്തിയാക്കിയൊരു കമ്മിറ്റി പാടാണ് കാരണം ഇതിന്റെ പേരുകൾ അത്രയും ദൃഢമാണ് സമൂഹത്തിൽ ദുരൂഢമൂലമായിരിക്കും അടിസ്ഥാനപരമായി തന്നെ ഈ കാഴ്ചപ്പാടുകൾ തള്ളി പറയുന്നു ഞാനിത്രയും തിറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങളറിയോ ഒരു പുതിയ മാവോയിസ്റ്റ് വന്നിരിക്കുകയാണ് ഇത്രയും അറിയൂ അല്ലാതെ നിങ്ങളിൽ ഇതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നില്ല എനിക്ക് യാതൊരു പ്രതീക്ഷ പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ട് എന്താണോ പറഞ്ഞിട്ട് മരിക്കുക വേറെ ഒരു ലാഭം എനിക്കില്ല ഇത് പറയുക പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് പറയില്ല അപ്പൊ നിങ്ങൾ ചെയ്യരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിലെ ഉന്നതനായ ഒരു ജഡ്ജി പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമോ അതിന് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശം എല്ലാം തരുന്നു പക്ഷെ നിങ്ങൾ ആരോടാണ് പറയുന്നതെന്ന് ഉടനും പറയുന്നവനെ നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലെങ്കിൽ അതെന്തായിത്തീരുന്നത് അത് നിങ്ങൾക്ക് പ്രശ്നമായിത്തീരും അങ്ങനെയുണ്ട് എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നു അല്ല പറയണം എന്തുകൊണ്ട് അത് നിങ്ങളുടെ അവകാശമല്ല അപ്പോ പറയുന്നതിന് ബോധമില്ലെങ്കിൽ എന്തെയും നിങ്ങൾ പല പ്രശ്നങ്ങൾ നേടിവരും അത് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബഹിഷ്കരണം ക്യാൻസർ കൾച്ചർ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം അതുകൊണ്ടാവും അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയും അതിനെയൊക്കെ നേരിടുന്നതിനുള്ള ശേഷിരിക്കും ഞാൻ പറയും അതൊന്നും കൊണ്ട് ചൂണ്ടിപ്പോകുന്ന ആളുകളായി അതുകൊണ്ടത് പറയും അത് പറഞ്ഞു പറ്റും അതിന്റെ ബോധ്യത അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് ബ്രാഹ്മണാലി ജന്മ ഈ ഇത്രയും വായിച്ചാൽ എന്താണോ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ആ ഭാഷ കുറച്ചുകൂടെ വായിക്കും ത്പ്രഭവാ സത്വാദയോ ഗുണഹ എന്താണ് പൊതു സംസ്കാരം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ജന്മത്തിൽ ബ്രാഹ്മണക്ഷത്രീ വൈശ്യന്മാരിൽ കാണുന്ന സത്വം രജസ്സ് തമസ്സ് തുടങ്ങിയ ഗുണങ്ങൾ അത് വിശദീകരിക്കുന്നു ബ്രാഹ്മണസ് സ്വഭാവപ്രഭവോ രജസ്തമോ അവിഭൂത അവിഭവേനോഭൂത സത്വ ഗുണങ്ങൾ ീ സ്വഭാവ പ്രഭവിയുള്ള പറഞ്ഞല്ലോ എന്താണ് ഈ സ്വഭാവം എന്നുള്ളത് അങ്ങോട്ട് കടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗീത വേഗം ബബ്ബ എന്നാണ് നിങ്ങളങ്ങനെ ആകരുത് ഇവിടെ ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവ ജന്മത്തിൽ നിന്നും ഈ ജന്മത്തിനും കാരണമായി വരുന്ന സംസ്കാരം ഈ ജന്മം തീരുമാനിക്കപ്പെടുന്ന സംസ്കാരം അത് ഇങ്ങനെയുള്ള ജന്മം മനുഷ്യജന്മല്ല നിങ്ങൾ ബ്രാഹ്മണനാണോ ക്ഷീയനാണോ വൈശ്യനാണോ സൂത്രനാണോ എന്നുള്ള ആ സംസ്കാരാണ് അപ്പോ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ വളരെ ദഹനമായി ആലോചിക്കുകയും പിന്നെ നമ്മുടെ പരിണാമശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കുകയും ബയോളജിക്കൽ റവല്യൂഷൻ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്തോണ്ട് ഈ പുനർജന്മം എന്ന് പറയുന്നതിന് യാതൊരു ഞാൻ ചിലപ്പോൾ പറയുന്ന അളവാണ് കാരണം പുനർജന്മം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടാക്കിയത് സൗദ്ദേശത്തിലല്ല അതുണ്ടാക്കിയത് തന്നെ എന്താണ് ഈ ജന്മന ഉള്ള മേൽക്കോയ്മയിൽ ജന്മനാ മധകൃതരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാശയുണ്ടാക്കിയത് എല്ലാം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഞാൻ എല്ലാത്തിനും ഗുണഭോക്താവായിരിക്കുന്നത് എല്ലാ ഗുണങ്ങളുടെയും ഭോക്താവായിരിക്കുന്നത് എന്റെ കൂർവ്വജന്മത്തിന്റെ സംസ്കാരം കൊണ്ടാണ് എന്നീ ശാസ്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ബോധപൂർവ്വം എഴുതി വെച്ചാണ് അല്ലാതെ ഈ ആത്മീയ വിഡ്ഢികൾ കരുതുന്നത് പോലെ അത് നിരുപദ്രവകരമായൊരു കാര്യം ഈ പറയുന്ന വ്യവസ്ഥയെ ഉച്ച നീക്കത്വങ്ങളുള്ള വ്യവസ്ഥയെ സമർത്ഥിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയോളൂ ഈ പുനർജന്മം എന്ന് പറയുന്ന ഏർപ്പാടിനെ അല്ലെങ്കിൽ വേദതരത്തിൽ നിങ്ങൾക്ക് ധരിക്കാം പുനർജന്മെന്ന് പറയുന്ന ഒരാശയത്തെ ീ വ്യവസ്ഥയെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വേണമെന്നും ധരിക്കും കാരണം പുനർജന്മത്തെ വിടാൻ എനിക്ക് മനസ്സില്ല അതെന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും ഞാൻ അതിനോട് വാദിക്കാനില്ല ശരി പുനർജന്മം ഉണ്ട് സമ്മതിച്ചു പക്ഷെ ആ പുനർജന്മം എന്ന് പറയുന്ന ആശയത്തെ ഇവിടെ നമ്മുടെ ശുദ്ധസ്മൃതി ഇതിഹാസ് പുരാണങ്ങളെല്ലാം ഉപയോഗിച്ചത് മനുഷ്യന്റെ ഉച്ചനീചത്വത്തെ സമർത്ഥിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ദുർവ്യാഖ്യാനമായി ശാസ്ത്രങ്ങളുടെ ബലത്ത് എൻ്റെ മോസാരിക്കാൻ ആ ഒരു സ്വാതന്ത്ര്യം ഭീഷണിപ്പെടുത്തി തന്നെ ചെയ്തു അതും ഞാൻ വഴങ്ങത്തില്ല വീണ്ടും ഞാനത് പറഞ്ഞുകൊണ്ടേന്നെ ഇരുന്നു അല്ല ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ബലമായിട്ടാണ് ഈ പറഞ്ഞതൊന്നും അല്ല ശരി വേറെ ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ആർക്കും വരാൻ പറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് അതാണ് എന്റെ ബോധ്യം ഇനി പുനർജന്മം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ വിഷയമാണ്ക്കോട്ടെ പക്ഷെ അത് ഉപയോഗിച്ചത് വളരെ മോശം ഒരു കാര്യത്തിന് അതുകൊണ്ട് ഇവിടെ പറയുന്ന ശബ്ദം ബ്രാഹ്മണസ് ബ്രാഹ്മണൻ വെച്ചാൽ ബ്രഹ്മചാര്യർ പറഞ്ഞത് അതിനനുസരിച്ച് ജന്മം കൊണ്ട് ബ്രാഹ്മണനായവൻ അവന്റെ സ്വഭാവ പ്രഭാവം അവന്റെ സംസ്കാരത്തിന് കാരണമായിട്ടുള്ള അവന്റെ ഗുണെന്താണോ രജസ്തമോ അഭിഭാവന രജസിനെയും തമസിനെയും വീഴ്പ്പെടുത്തിയിട്ട് ഉയരുന്ന സത്വങ്ങൾ അതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്താം രണ്ട് കാര്യങ്ങൾ എന്താണോ ഗുണം കൊണ്ട് അത് എന്താണ് സാമാന്യ കർമ്മങ്ങളെ സാമാന്യധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗീതയെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് ദോഷവുമില്ല പക്ഷേ മുഖ്യമായ ബ്രാഹ്മണത്വാദികളെന്ന് പറയുന്നത് അത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജന്മത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് ഗീതയെ വ്യാഖ്യാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് ആധുനിക വ്യാഖ്യാനാക്കളൊിച്ച് ഇതാണ് ഞാൻ ഇതുവരെ